ഐഹിക ജീവിതം വെറും കളിയും വിനോദവും മാത്രമാണ് എന്നാൽ നിങ്ങൾ വിശ്വസിക്കുകയും ഭയഭക്തിയുള്ളവരാകുകയും ചെയ്താൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലങ്ങൾ നൽകും നിങ്ങളുടെ സമ്പത്ത് അവൻ നിങ്ങളോട് ചോദിക്കുകയുമില്ല